ഏതൊക്കെയാണ് ലക്ഷണങ്ങൾ അനുസ്വ്യവഹാരഹേതു പ്രകാശത്ത് െക്കുറിച്ച് ചിതാത്മാവിനെ സമന്വയിപ്പിക്കുന്നു എങ്ങനെ സ്വശബ്ദം കൊണ്ട് എങ്ങനെ എടുക്കും സ്വ്യവഹാരം എന്ന് പറയുമ്പോൾ എന്താണോ അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് അഭിജ്ഞാന ജ്ഞാനന്ത അത് കഴിഞ്ഞ പിന്നെ ബാക്കിയുള്ളവായിരുന്നു അപ്പൊ ചിതാത്മാവിന്റെ അഭിജ്ഞനം സിതാത്മ വ്യവഹാരം ചിതാത്മാവിന്റെ ജ്ഞാനെങ്ങനെ ഉണ്ടാകും സിതാത്മാവിന്റെ ജ്ഞാനെങ്ങനെയുണ്ടാകും എങ്ങനെയാണോ അത്യക്ഷം ഹം ബ്രഹ്മാസ്മി ചിതാത്മാവിന്റെ ജ്ഞാനമാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ജ്ഞാനം അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ചിതാത്മാവിന്റെ ജ്ഞാനമാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ജ്ഞാനം പിന്നെ ശബ്ദപ്രയോഗം ശബ്ദം പ്രയോഗിക്കുന്നത് അറിവുണ്ടായിട്ടാണ് അഹം ബ്രഹ്മാസ്മി എന്ന് അറിവുണ്ടാകുമ്പോൾ ശബ്ദം പ്രയോഗിക്കുന്നു അവിടെ അഭിജ്ഞാരൂപത്തിലുള്ള വ്യവഹാരം സ്വഹാര ഹേതു എന്തായി സ്വഹാർഹേതുവം വന്നു ദോഷമുണ്ട് ലക്ഷണം സംബന്ധിച്ച് പക്ഷെ ദോഷം പറയുന്നത് എന്താണ് സൗഹാര ഹേതുത്വ സതി പ്രകാശത്വം എന്ന് പറയുന്നത് ഏ എവിടെ പോകുന്നു പ്രദീപത്തിൽ പ്രദീപ്രകാശ് പ്രദീപ്രകാശത്തിനും അവിടെ സ്വശബ്ദം കൊണ്ട് തന്നെ എടുക്കും പ്രദീപ്രകാശ് സ്വവ്യവഹാരം എന്ന് പറയുന്നത് എന്താണോ ഏ പ്രദീപ്ഞാനം ഒരാൾക്ക് പ്രദീപം കാണുമ്പോൾ ഇത് പ്രദീപമാണ് എന്നുള്ള അറിവുണ്ടാകുന്നതാണ് സ്വ്യവഹാരം എവിടെയും വ്യവഹാരം എന്ന് പറയും ബാധ്യമെടുക്കേണ്ടതിനെഹാരം എന്ന് പറഞ്ഞാൽ പ്രതീപം സ്വവ്യവഹാരവും പ്രദീപാണ് പ്രതിഭം എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശം അത് ഈ പ്രദീപം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രകാശം അർത്ഥം തന്നെ എടുക്കണം അല്ല നമ്മൾ ഈ തേച്ച് കഴുകുന്ന നിലവിളക്കുണ്ടല്ലോ അതെടുക്കരുത് അങ്ങനെ ധരിച്ചു കിടരുത് എന്ന് പറഞ്ഞാൽ പ്രകാശമാണ് മാറിപ്പോകരുത് അപ്പൊ പ്രദീപ പ്രകാശം അതിലെന്തോന്നു സ്വ്യവഹാരമായി എന്ത് എന്തിൻ്റെ ഞാനും പ്രകാശം അതിന്റെ ഹേതു എന്തായി എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് ഹേതുവായി ജ്ഞാനത്തിന് വിഷയം ഹേതുവായതുകൊണ്ട് ഏത് വിഷയത്തിൻ്റെ ജ്ഞാനം ഉണ്ടായാലും ആ ജ്ഞാനത്തിന് വിഷയം ഹേതുവാം അതുകൊണ്ട് സ്വ വ്യവഹാര എന്തായി പ്രതിഭപ്രകാശ് അപ്പൊ ചിതാത്മാവിന്റെ ലക്ഷണം എവിടെ പോയി എന്ത് ദോഷം വന്നു എവിടെ വന്നോ അതിവ്യാപ്തി ലക്ഷണത്തിൽ അത് മനസിലാക്കി പോകണം പ്രതിഭപ്രകാശത്തിൽ ലക്ഷണം സമന്വയിക്കുന്നോണ്ടാണ് കാരണം പറയുന്നത് എന്താണ് പ്രകാശത്തിന്റെ അതിവ്യാപ്തി പക്ഷേ അതിവ്യാപ്തി എന്ന് പറയുന്നത് ദോഷമാണ് എന്തിന്റെ ദോഷം ലക്ഷണത്തിൽ ദോഷം വരികയാണ് അല്ലാതെ ദീപത്തിന് ദോഷമൊന്നും വരത്തില്ല ഇവിടെ ദീപം എന്താണ് അലക്ഷ്യം ലക്ഷണം സമന്വയിക്കുന്നത് കൊണ്ട് ദോഷം ഇവിടെ വരുന്നു ലക്ഷണത്തിൽ ആ ദോഷത്തിന്റെ പേരാണ് അതിവ്യാപ്തി അലക്ഷ്യത്തിൽ ലക്ഷണ എല്ലായിടത്തും അത് മനസ്സിലാക്കണം അതിവ്യാപ്തി എന്ന അസംഭവം അവ്യാപ്തി എന്നെല്ലാം പറയുമ്പോൾ ദോഷം വരുന്നത് ഭക്ഷണത്തിലോ അത് പരിഹരിക്കുന്നതിന് വേണ്ടി എന്ത് പറഞ്ഞു കൊണ്ട് ജ്ഞാനമെടുക്കണം എന്നിട്ട് അസ്വശബ്ദം മാറ്റിട്ടവിടെ എന്ത് ചെയ്യണം വ്യവഹാരം ഇനി നോക്ക് അത് ലക്ഷ്യത്തെ സമന്വയിക്കുന്നോക്കണം ജ്ഞാനം എന്ന് പറയുന്നത് എന്തായി എന്തായി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് ഇത് വളരെ ശ്രദ്ധിച്ച് മനസിലാക്കേണ്ട കാര്യമാണ് ശ്രദ്ധ ആവശ്യവും ജ്ഞാനം കൊണ്ട് എന്തിനാ എടുത്തോ ചിതാത്മാനവ്യവഹാരം എന്ന് പറഞ്ഞ എന്തായി ചിതാത്മാവിന്റെ ജ്ഞാനം ചിതാത്മാവിന്റെ ജ്ഞാനം എങ്ങനെയുണ്ടാവും അഹം ബ്രഹ്മാസ്മി അതാണ് ചിതാത്മാവിന്റെ ഞാൻ അപ്പൊ സ്വവ്യവഹാരം എന്ന് പറഞ്ഞാൽ ചിതാത്മജ്ഞാനം ചിതാത്മജ്ഞാനം ഉണ്ടാകുന്നതിന് ഹേതു എന്താണ് ചിതാത്മാ അപ്പൊ സ്വവ്യവഹാരേതു ചിതാത്മാവായി അതിൽ നിന്നും എന്താണ് സ്വവ്യവഹാരേതുത്വം ശരിയായി പക്ഷെ ദോഷം വരുന്ന എങ്ങനെ അനുവസായത്തിൽ പോകുന്നു അയം ഘട ഇത് വ്യവസായം ഘടജാനവാൻ അഹം ഇത് അനുവ്യവസായ ഘടൻ ജ്ഞാനവാൻ അഹം എന്ന് പറയുന്നത് അനുവ്യവസായം അനുവ്യവസായം എന്ന് പറഞ്ഞാൽ എന്താണോ വ്യവസായത്തിന്റെ പ്രത്യക്ഷമാണ് അനുവ്യവസായം എന്ന് പറയുന്നത് വ്യവസായ ജ്ഞാനത്തിന്റെ പ്രത്യക്ഷമാണ് അനുവ്യവസായം അനുവ്യവസായത്തിന്റെ വിഷയം എന്തായിരിക്കും വ്യവസായം എന്ന് പറഞ്ഞാൽ പ്രഥമജ്ഞാനമാണ് വ്യവസായം അനുവസായം എന്ന് പറയുന്നത് വ്യവസായ ജ്ഞാനത്തെ തുടർന്നാണ് അനുവസായം ഉണ്ടാകുന്നത് അപ്പോ അനുഭവ്യവസായത്തിന് ഹേതു എന്താണ് വ്യവസായം പക്ഷെ ഇവിടെ അങ്ങനെയല്ല എടുക്കേണ്ടത് വ്യവസായ ജ്ഞാനത്തെ തുടർന്ന് അനുഭവ കാരണം ആദ്യം അയം ഘടക എന്തൊരു ജ്ഞാനം ഉണ്ടായാലേ അടുത്തെന്തോ ഒരു പടജ്ഞാനവാൻ അഹം ഉണ്ടാകും അതുകൊണ്ട് അനുഭവ്യവസായത്തിന് ഹേതുവാണ് വ്യവസായം പക്ഷെ ഇവിടെ അങ്ങനെയല്ല എടുക്കുന്നത് വിടെങ്ങനെയാണ് ഘടവാൻ അഹം എന്ന് പറയുന്നത് ഒരു വ്യവഹാരമാണ് എന്ത് വ്യവഹാരമെന്ന് പറയുന്നതിന് ഞാന വ്യവഹാരം അയം ഘട എന്നുള്ളത് എന്താണ് എന്തെന്നാ പറഞ്ഞ അതായത് പറയുക എന്ന് പറയുമ്പോൾ അറിഞ്ഞിട്ടാണ് പറയുന്നത് പറയുന്നു എന്ന് പറയുമ്പോ നമ്മൾ ആദ്യം എടുക്കേണ്ടത് എന്തിനാണോ അറിവിന് അറിഞ്ഞാലേ പറയാൻ പറ്റൂ അറിവ് തുടർന്ന് പറയുന്നു അതുകൊണ്ട് ആദ്യം എടുക്കേണ്ടത് അതുകൊണ്ടാണ് പറയുന്നത് അയം ഘടഹ എന്ന് പറയുന്നത് വ്യവസായ ജ്ഞാനമാണ് വാസ്തവത്തിൽ അയം ഘടക എന്ന് പറയുന്നത് എന്താ ശബ്ദമാണ് അയം ഘടക എന്ന് പറഞ്ഞ് ഞാൻ പറയുമ്പോ നിങ്ങൾ കേട്ടേ എന്താ ശബ്ദമാണ് ഞാനത്തെ കേട്ടോ അപ്പോ ആ ശബ്ദം പ്രയോഗിക്കുന്നതിന് മുമ്പിലൊന്നും ഉണ്ട് എന്താണോ ശബ്ദത്തിനെ കുറിച്ചുള്ള ശബ്ദത്തെ കുറിച്ചുള്ള ജ്ഞാനമല്ല ഘടത്തെക്കുറിച്ചുള്ള ഞാനം ഐ എം ഘട എന്നുള്ള ഇത് പുസ്തകമാണ് എന്നെനിക്ക് ജ്ഞാനം ഉണ്ടാവും അറിവ് എന്നിട്ടാണ് ഞാൻ പറയുന്ന ഇത് പുസ്തകം ഇത് രണ്ടും വ്യവഹാരമാണ് ആദ്യത്തെ എന്താണ് രൂപ വ്യവഹാരം ജ്ഞാനവ്യവഹാരം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തതോ ശബ്ദപ്രയോഗരൂപത്തിലുള്ള വ്യവഹാരം ശബ്ദരൂപ വ്യവഹാരം ഇതിനെ വേറെ തിരിച്ചറിയണം അതുപോലെ തന്നെ ഘടനവാൻ അഹം എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ ആദ്യത്തെ വ്യവഹാരം എന്താണ് ജ്ഞാനരൂപ വ്യവഹാരം കാരണം ആദ്യം അങ്ങനെ അറിയുന്നു എങ്ങനെ എന്നറിയുന്നു അത് ജ്ഞാനരൂപത്തിലുള്ള വ്യവഹാരം അറിഞ്ഞിട്ട് എനിക്ക് പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം പറയുമ്പോ എന്തു പറയാ ശബ്ദരൂപത്തിലുള്ള വ്യവഹാരം ഈ വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു സാമാന്യമായി പറഞ്ഞു അപ്പോ അത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാതെ അത് വ്യക്തമായ ഇത് മനസ്സിലാകത്തില്ല എന്താണ് ജ്ഞാനരൂപത്തിലുള്ള വ്യവഹാരം എന്താണ് ശബ്ദരൂപത്തിലുള്ള വ്യവഹാരം അത് വേണ്ട തിരിച്ചറിഞ്ഞു അയം ഘട എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആദ്യം എന്നിൽ സംഭവിച്ചെന്താണ് ജ്ഞാനരൂപത്തിലുള്ള വ്യവഹാരം തുടർന്നെന്ത് സംഭവിച്ചു അപ്പൊ അത് നമുക്ക് അറിയാം അയം ഘടക എന്ന് ഞാൻ പറയുന്നതിനു മുമ്പ് അയം ഘട എന്ന് ഞാൻ അറിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പറയുന്നു ഇപ്പൊ ശബ്ദരൂപ വ്യവഹാരം അല്ല ഘടൻ അഹം എന്ന് ഞാൻ പറയുന്നതിനു മുമ്പ് എന്ത് സംഭവിച്ചു അഹം എന്ന് ഞാൻ അറിഞ്ഞുണ്ടായി അത് കഴിഞ്ഞ് പിന്നെ എന്തുണ്ടായി ശബ്ദരൂപ വ്യവഹാരമുണ്ടായി ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണോ സ്വ വ്യവഹാരഹേതു പ്രകാശത്ത് സ്വശബ്ദം കൊണ്ട് ജ്ഞാനത്തെ എടുത്തു അപ്പൊ ഇവിടെ ഉദാഹരണഗീതി തന്നെ എന്താണ് ഒന്ന് അയം ഘട രണ്ടാമത് ഘടജാനെ സ്വ വ്യവഹാരം എന്നുള്ളതുകൊണ്ട് ഏതിനെടുക്കും എന്നാലും പറഞ്ഞ് ഇന്ന് എന്ത് മനസ്സിലാക്കി വഹാരം ഏത് ആദ്യത്തെ ആദ്യമുണ്ടായ ജ്ഞാനരൂപ വ്യവഹാരം അപ്പൊ ജ്ഞാന വ്യവഹാരം എന്ന് പറഞ്ഞാൽ അവിടെ എങ്ങനെയർത്ഥം പറയുന്നത്രൂപ വ്യവഹാരം ജ്ഞാനരൂപ വ്യവഹാരം എന്ന് പറഞ്ഞാൽ വ്യവസായ ൂപ വ്യവഹാരം ശബ്ദം പ്രയോഗിക്കുന്നതിന് മുമ്പ് ഉണ്ടായ അറിവ് അതാണെന്ന് പറയുന്നത് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന വ്യവഹാരം അതിന് ഹേതുവാണ് എന്ത് ഘടജ്ഞാനവാൻ എന്ത്ണോ ഞാനും ഞാനും കഴിഞ്ഞ ശബ്ദം വരുമോ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടങ്ങനെ പറയുന്നു കാരണം ഘടം എന്ന് നമ്മൾ അറിയുമ്പോഴും അവിടെ എന്തുണ്ട് ജ്ഞാനമുണ്ട് ആ അറിവിൽ ഘടഞ്ഞാനമുണ്ട് ആ ഘടഞാനമാകുന്ന വ്യവഹാരത്തിന് ഹേതുവായി എന്ത് ഘടഞാനവാനഹന്നുള്ള അറിവ് കാരണം അതിനകത്ത് മറ്റും വന്നിരിക്കുകയാണ് അനുവ്യവസായ ജ്ഞാനത്തിനകത്ത് എന്ത് വന്നിരിക്കുന്നു വ്യവസായ അപ്പോ നമ്മളെന്ത് ചെയ്യുന്നു ആ അനുവ്യവസായത്തിലൂടെ എന്തിനേ അറിഞ്ഞു വ്യവസായത്തെയറിഞ്ഞു അപ്പൊ ആ വ്യവസായത്തെ അറിയുന്നതിന് ഹേതുവെന്തായി അനുവ്യവസായ മനസ്സിലായോ എന്തിനെന്ത് ഹേതുവായി വ്യവസായ റിയുന്നതിന് അണു വ്യവസായം എന്തുകൊണ്ട് ആ അനു വ്യവസായ ജ്ഞാനത്തിനുള്ളിൽ എന്തുണ്ട് അതിനകൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാ പറയുന്നത് എന്ത് അപ്പോ ഇവിടെ വ്യവസായ ജ്ഞാനത്തിൽ നിന്ന് അനുവ്യവസായമായ ജ്ഞാനം ഉണ്ടാകുന്നു അതുകൊണ്ട് വ്യവസായ ജ്ഞാനത്തിന് ഹേതു എന്ന് പറയാം പക്ഷെ ഇവിടെ തിരിച്ചാ പറയുന്നത് എന്ത് വ്യവസായജ്ഞാനത്തിന് ഹേതു അനുവസായ്ഞാനം എന്ന് പറഞ്ഞാൽ വ്യവസായ ജ്ഞാന രൂപത്തിലുള്ള വ്യവഹാരം ആ വ്യവഹാരത്തിന് ഹേതുവായ എന്ത് അനു വ്യവസായ അനുവ്യവസായ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കും എന്നാലും ഇനി പറയുന്ന ഭാഗം വ്യക്തമാകും എന്താ പറഞ്ഞത് വ്യവസായത്തിലുള്ള വ്യവഹാരത്തിന് അനുവ്യവസായ വ്യവസായ ജ്ഞാന രൂപത്തിലുള്ള വ്യവഹാരത്തിന് എന്ത് അണു വ്യവസായം അനുവ്യവസായ്ഞാനരൂപത്തിലുള്ള വ്യവഹാരം അതും വ്യവഹാരമാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് വ്യവഹാരം ആദ്യത്തെ വ്യവസായ ജ്ഞാനത്തിന് പറയും ജ്ഞാനരൂപ വ്യവഹാരം അനുവ്യവസായ്ഞാനത്തെ എന്തു പറയും അനുവ്യവസായും പറയാം പിന്നെ എന്തു പറയാം വ്യവസായ വ്യവഹാരത്തിന്റെ ഹേതുവായ ജ്ഞാനവ്യവഹാരം ഇപ്പൊ രണ്ടാമത് ജ്ഞാന വ്യവഹാരം എന്ന് പറയുന്നിടത്ത് ജ്ഞാനത്തിന്റെ വ്യവഹാരം ജ്ഞാനസ്യ വ്യവഹാരം ആദ്യം ജ്ഞാനവ്യവഹാരം എന്ന് പറയുന്നിടത്ത് ജ്ഞാനരൂപ വ്യവഹാരം അങ്ങനെ ഒരു വ്യത്യാസവും മനസ്സിലാക്കണം ആദ്യത്തെ ജ്ഞാന വ്യവഹാരം എന്ന് പറയുമ്പോൾ അത് ജ്ഞാനരൂപത്തിലുള്ള വ്യവഹാരം അതായത് വ്യവസായ ജ്ഞാനരൂപത്തിലുള്ള വ്യവഹാരമാണ് രണ്ടാമത് വരുന്ന ജ്ഞാന വ്യവഹാരം എന്ന് പറയുന്നത് ആദ്യ ജ്ഞാനത്തിന്റെ വ്യവഹാരമാണ് എന്നുവെച്ചാൽ ആദ്യത്തെ ജ്ഞാനരൂപ വ്യവഹാരത്തിന്റെ വ്യവഹാരമാണ് എന്ന് പറഞ്ഞാൽ ജ്ഞാനരൂപ വ്യവഹാരത്തിന്റെ ഹേതുവായ വഹാരമാണ് അനുവസായ രൂപത്തിലുള്ള വ്യവഹാരം മനസിലായോ മനസ്സിലാവുന്നുണ്ട് രണ്ടാമത്തെ രണ്ടും പറയാസ്യ വ്യവഹാരം പറയാം രണ്ടും പറയാം ഏതിനു പറയൂന്നാണ് അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ രൂപ വ്യവഹാരമൊന്നും പറയാം ജ്ഞാന വ്യവഹാര ഹേതു പറയുമ്പോൾ ജ്ഞാനവ്യവഹാരം എന്ന് പറയുമ്പോ എന്തായി ജ്ഞാനരൂപ വ്യവഹാരം ജ്ഞാനരൂപ വ്യവസായ ജ്ഞാനം അതാണ് ജ്ഞാനരൂപ വ്യവസായം വ്യവഹാരം തസ്യ ഹേതു ആ ജ്ഞാനത്തിൻ്റെ ഹേതു അല്ലെങ്കിൽ ജ്ഞാനരൂപ ജ്ഞാനം തന്നെ വ്യവഹാരം ജ്ഞാന വ്യവഹാരം എന്ന് പറയുമ്പോൾ ജ്ഞാനം വേറെ വ്യവഹാരം വേറെ എന്നല്ല ജ്ഞാനവും വ്യവഹാരവും ഒന്നെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത് വ്യവഹാരം പലതരത്തിലുണ്ട് അതിലൊന്നാണെന്ത് വ്യവഹാരം ഞാനെന്ന് പറയുമ്പോൾ ഒന്ന് രൂപ അതിൻ്റെ ഹേതു എന്ന് പറയുമ്പോൾ ആ ജ്ഞാനത്തിൻ്റെ ഹേതു ഏത് ദ്വിതീയജ്ഞാനം അവിടെ ജ്ഞാന വ്യവഹാരം എന്ന് പറയുമ്പോൾ ദ്വിതീയജ്ഞാനം എങ്ങനെയാണ് സ്വയം ഒരു വ്യവഹാരമെന്നുള്ള ആലയ്ക്ക് അനുവസായവും ജ്ഞാനരൂപ വ്യവഹാരമാണ് പക്ഷേ ആദ്യ ജ്ഞാനത്തിൻ്റെ ഹേതു എന്നുള്ള ആലയ്ക്ക് അതെന്താണ് ജ്ഞാനഹേതു ജ്ഞാനരൂപ വ്യവഹാരസ്യ ഹേതു ഈ വ്യത്യാസം മനസ്സിലാക്കുന്നു ഇന്നലെ പറഞ്ഞതിൻ്റെ കുറച്ചുകൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണ് ജ്ഞാനം വ്യവഹാര ഹേതുവാണ് അനുവ്യവസായം അല്ലെങ്കിൽ വ്യവസായ ജ്ഞാനത്തിൻ്റെ ഹേതുവാണ് അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ അത് പറയുമ്പം തന്നെ മനസ്സിലാക്കുന്നവർക്ക് ഈ വിശദീകരണത്തിൻ്റെ ആവശ്യമുണ്ട് പറയുമ്പോൾ അത് വ്യക്തമായി ധരിച്ചില്ലെങ്കിൽ ഇങ്ങനെ വിശദീകരിക്കേണ്ടി തർക്കം പഠിച്ചിട്ടുള്ളവർക്ക് മറിച്ചൊരു സംശയമുണ്ടാവും എന്താണ് വ്യവസായ ജ്ഞാനത്തിൽ നിന്നല്ലേ അനുവ്യവസായം ഉണ്ടാകുന്നത് അപ്പം വ്യവസായ ജ്ഞാനമല്ലേ ഹേതു എന്ന് സംശയമുണ്ടാവും ഇവിടെ അതല്ല ഇവിടെ അനുവ്യവസായമാണ് ഹേതു എന്തുകൊണ്ട് ആ അനുവ്യവസായത്തിലൂടെയാണ് നമ്മൾ വ്യവസായജ്ഞാനത്തെ അറിയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് വ്യവസായവഹാരത്തിന്റെ ഹേതുവസായം സ്വ വ്യവഹാര ഹേതുത്വ സതി ബാക്കിയുണ്ട് എന്താണ് പ്രകാശത്വം അതെവിടെ വന്നോ ഹലോ ം വ്യവസായ ഞാനൊരു വ്യവഹാരം എൻ്റെ ഹേതുവായി എന്ത് അനു വ്യവസായം എവിടെ വന്നു അനു വ്യവസായം ഞാൻ പിന്നെ അത് പ്രകാശവുമാണ് ഞാനായതുകൊണ്ട് പ്രകാശമാണ് ചിതാത്മാവിൻ്റെ ലക്ഷണം ഇവിടെ പോയി സിദ്ധാന്തി പറയും എന്താണ് താർക്കികനാണ് ദോഷം പറയുന്നത് ഒരു അനു വ്യവസായ ജ്ഞാനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ബന്ധുങ്ങളെ പറയുന്ന ദോഷം ഞങ്ങൾക്ക് സമ്മതം അല്ല അത് വിധിയെ സംബന്ധിച്ച് ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന അനുവ്യവസായമല്ല സാക്ഷിയാണ് നുവ്യവസായത്തിന്റെ ആവശ്യം ഇല്ല ഇനി അനുവ്യവസായം ഞാനത്തി പൊക്കോട്ടെ അതിന് സ്വയം പ്രകാശമായി സ്വീകരിച്ചാൽ തരാറില്ലല്ലോ അത് സ്വയം പ്രകാശമായി കാർക്കികന് സ്വീകരിക്കുന്നു അദ്വൈതി സ്വീകരിക്കുന്നു അദ്വൈതിക്ക് അതില്ല കാർക്കൻ എന്ന് പറയുന്നു അതും വേദ്യമാണ് അനുവ്യവസായം വേദ്യമാണ് വ്യവസായ ജ്ഞാനത്തെ അറിയുന്നതിന് അനുവ്യവസായന്മാർ അനുവ്യവസായത്തെ ആരറിയും അസ്വയം തന്നെ അറിയും അത് ഏതെങ്കിലും തരത്തിൽ അറിവിനും വിഷയമായാൽ എന്തായി വേദ്യമായാൽ എന്തല്ല സ്വയം പ്രകാശമല്ല അപ്പൊ അസ്വയം പ്രകാശമായ അനുവ്യവസായത്തിൽ ലക്ഷണം സമന്വയിച്ചത് കൊണ്ട് എന്ത് വന്നു അതിവ്യാപ്തി ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയാലേ മുമ്പോട്ട് പോകാൻ പറ്റും അപ്പൊ അനുവ്യവസായത്തെ സ്വീകരിക്കാത്തുള്ള ഈ ദോഷമില്ലെന്ന് പറയും നിങ്ങളുടെ പറഞ്ഞിരുന്നു എന്നാ പഞ്ചമ അഞ്ചാമത്തേതല്ല അതിവ്യാപ്തി എന്തുകൊണ്ട് പ്രതിപാദികളിൽ അതിവ്യാപ്തി ഉണ്ടാകുന്നു പ്രതിവാദോ അതിവ്യാപ്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കണം പ്രതിപാദി അലക്ഷേ ലക്ഷണ സമന്വയാ ലക്ഷണേ അതിവ്യാപ്തി ദോഷ ഇത്രയും മനസ്സിലാക്കണം പ്രതിപാദരവി സ്വഹാരേ ഹേതുത്വ പ്രകാശത്വ പ്രതിപാദികളിൽ എന്തുകൊണ്ട് വരുന്നു സ്വവ്യവഹാരേ ഹേതുത്വ സ്വഹാര ഹേതുത്വമുണ്ട് പ്രകാശത്വമുണ്ട് അധ ജ്ഞാനവ്യവഹാരേതു പ്രകാശത്വം വിവക്ഷിതം ഇതുവരെ പറഞ്ഞു മറിച്ച് ജ്ഞാനവ്യവഹാര ഹേതുത്വം അതാണ് വിവക്ഷിതമെങ്കിലോ സ്വശബ്ദം കൊണ്ട് ജ്ഞാനമാണ് വിവക്ഷിതം എന്നാണെങ്കിലോ തന്ന ശരിയല്ല അനുവ്യവസായ അതിവ്യക്തി ലക്ഷണേ കണ്ട് തേദ്യേസായ പ്രകാശത്തെ അവിന വ്യവഹാര പ്രകാശ എന്നർത്ഥം പ്രകാശവാ അതിവ്യാപ്തി പറയുന്നുണ്ട് പ്രദീപജ്ഞാനം ഇതമിതി വ്യവഹാരേതു പ്രദീപ പ്രകാശി അതിവ്യാപ്തി പറഞ്ഞ ഒരു ദോഷം എന്തുകൊണ്ട് പറയുന്നു അതിന് കാരണം എന്താണ് അനുഭവസായത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഇനി അനുഭവ വ്യവസായത്തിൽ മാത്രമല്ല താർക്കികൻ ഒരു സ്ഥലത്തും കൂടി ദോഷം പറയും ജ്ഞാനവ്യവഹാര ജ്ഞാനത്തേ ജ്ഞാന വ്യവഹാര ഹേതുത്വതി പ്രകാശത്വം ഈശ്വരജ്ഞാനത്തിലുണ്ട് അല്ലേ ഈശ്വരജ്ഞാനം എന്ന് പറയുന്ന എല്ലാ ഭേതുവാണ് എല്ലാ ജ്ഞാന വ്യവഹാരത്തിനും എല്ലാ ജ്ഞാനരൂപ വ്യവഹാരത്തിനും അത് വ്യവസായ ജ്ഞാനരൂപ വ്യവഹാരമായിക്കൊള്ളട്ടെ അനുവ്യവസായ്ഞാനരൂപ വ്യവസായ വ്യവഹാരമായിക്കൊള്ളട്ടെ കാർക്കിക മതമനുസരിച്ച് എല്ലാരൂപ വ്യവഹാരങ്ങൾക്കും ഭേതുവാണ് ഈശ്വരജ്ഞാനം അവിടെ പോവും അതിവ്യാപ്തി അനുവ്യവസായ ജ്ഞാനം വരുമ്പോൾ ഞങ്ങളത് അംഗീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാം പക്ഷെ ഈശ്വരഞ്ജാനം വന്നാലോ ഈശ്വര ജ്ഞാനത്തെ അംഗീകരിച്ചേ പറ്റൂ ഈശ്വരഞ്ജാനം എല്ലാ ജ്ഞാന വ്യവഹാരങ്ങൾക്കും ഹേതുവാണെന്നുള്ളതും അംഗീകരിക്കുന്നു അല്ലേ അംഗീകരിച്ചേ പറ്റൂ അങ്ങനെയുണ്ടൊരു ദോഷം അത് സ്വയം പ്രകാശമായും അംഗീകരിക്കുന്നു അതിന് സ്വയം പ്രകാശമായും അംഗീകരിക്കുന്നു അങ്ങനെ സ്വയംപ്രകാശമായും ഈശ്വരത്തെ അങ്ങനെ സ്വീകരിച്ചല്ലേ ഏശ്വരജ്ഞാനം എന്ന് പറയുന്നത് സ്വയം പ്രകാശം ആർക്ക് അദ്വൈതിക്ക് താർക്കേദന സ്വയം പ്രകാശം എന്ന് പറയുന്ന ഒരു ഞാനേ ആ ഞാനേ ഒരാൾക്കേ ഉള്ളു ആർക്ക് ഏ അദ്വൈതിക്ക് മാത്രമേ ഉള്ളൂ സ്വയം പ്രകാശമായ പിന്നെ വേറുള്ളവർക്കൊക്കെ ഉണ്ട് മീമാംസകർക്കും മറ്റും സ്വയം പ്രകാശം ഉണ്ട് അതിന്റെയൊക്കെ ലക്ഷണം മാറിക്കും അദ്വൈതി പറയുന്ന തരത്തിലുള്ള സ്വയം പ്രകാശം അദ്വൈതിക്ക് മാത്രമേ വേറെ ആർക്കും ഇല്ല അപ്പൊ അടുത്ത ദോഷം പറയുന്നു പ്രദീപജ്ഞാനം ഇതം ഇത് വ്യവഹാരം ചെയ്തു പ്രദീപ പ്രകാശ അതിവ്യാപ്തി പറയുന്നു വേറൊരു ദോഷം പറയുന്നു ഇത് ഞാൻ വിശദീകരിക്കുമ്പോൾ ആരെങ്കിലും ഹിന്ദിയിലുള്ള ക്ലാസ് കേൾക്കാറുണ്ടോ ഇത് തന്നെ വലിയ പ്രയാസപ്പെട്ടായിരിക്കും ഹിന്ദി അറിയാവുന്നവരുണ്ടെങ്കിൽ ഹിന്ദിയിലുള്ള ക്ലാസ്സും കേൾക്കണം ഇത് മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് കേൾക്കണം അത് പോട്ടെ അതിന് പ്രയാസമാണ് എന്നെ വേണമെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ചിലർക്കത് കേൾക്കുന്നതിനുള്ള സൗകര്യവും കാണത്തില്ല മൊബൈലിലെല്ലാം വേണ്ടേ ഇല്ലാത്തവർക്കെങ്ങനെ കേൾക്കാൻ പറ്റും ഈ താഴെ എഴുതിയിരിക്കുന്ന ആരെങ്ങനെ വായിക്കാറുണ്ടോ വായിക്കാന്ന് വെച്ചാൽ ഹിന്ദി അറിയാവുന്നവർ വായിക്കണം സംസ്കൃതം ഉള്ളത് മാത്രം ഹിന്ദിയുള്ളത് വേണം സംസ്കൃതം മാത്രമുള്ളൂ ആര് പറഞ്ഞെടുക്കേ ഹിന്ദി കയ്യിൽ വേണം ഇതാരടുത്ത് സംസ്കൃതം മാത്രമുള്ളൂ പോരെ ഹിന്ദി വേണം ഇത് ചിന്തിച്ചു മനസിലാക്കേണ്ട കാര്യമാണ് അത് വായിച്ചു നോക്കണം വായിച്ചു മാത്രമല്ല ഞാൻ പറയുന്നതും അതുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പെസവുണ്ടോ എന്ന് കണ്ടുപിടിക്കുക അതെന്നെ നോട്ട് ചെയ്ത് കാണിക്കും ഹിന്ദി അറിയാവുന്നവർ ഹിന്ദി അറിയാവുന്നവരെങ്കിലും ഇന്ന വ്യത്യാസമൊന്നുമില്ല രണ്ടും കേൾക്കും ഞാൻ പറയുന്നതിന് മാത്രം ആശ്രയിക്കരുത് ഇത് അങ്ങനെ ഇത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇത് കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് പറയും ഇവിടെ പ്രദീപം അയം ഘടക എന്ന് ഞാനുണ്ടാകുന്ന പോലെ ഇത് പ്രദീപമാണ് ദീപ പ്രകാശമാണ് എന്നൊരു ഞാനുണ്ടാകുന്നു ഇത് പ്രകാശം ദീപോന്നുള്ളവട്ടെ ഇത് പ്രകാശം അയം പ്രകാശ എന്നൊരു ജ്ഞാനം ഉണ്ടായി ജ്ഞാനത്തിൻ്റെ വിഷയം എന്തായിരിക്കും പ്രകാശം ഇതെന്തിൻ്റെ ജ്ഞാനം പ്രകാശ്ഞാനം അതാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് പ്രകാശം എന്നൊരു ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജ്ഞാനം എന്തിന്റെ ഇവിടെ ജ്ഞാനം വ്യവഹാരം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രകാശത്തിന്റെ അറിവ് ആണ് ആ ജ്ഞാന വ്യവഹാരത്തിന്റെ ഹേതു എന്തായി പ്രകാശമായി അതാണ് നേരത്തെ പറഞ്ഞ് സ്വ വ്യവഹാര ഹേതുത്വം ഒന്ന് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ജ്ഞാനത്തെ ചേർത്ത് ജ്ഞാനത്തെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനെടുക്കാൻ പറ്റുമോ ഇല്ല ദീപത്തെടുക്കാൻ പറ്റുമോ ജ്ഞാന വ്യവഹാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രകാശമാണ് എന്നുള്ള ജ്ഞാനത്തിൻ്റെ ഹേതുവായ പ്രകാശത്തെ എടുക്കാൻ പറ്റുമോ സ്വവ്യവഹാരം എന്നുള്ളത് കൊണ്ട് ഉത്തരമുണ്ട് മനസ്സിലായു അതായത് പ്രകാശത്തിന്റെ ജ്ഞാനം ഉണ്ടായി സ്വ വ്യവഹാരമെന്നുള്ള എന്തിനാ എടുത്തത് പ്രകാശജ്ഞാനം സ്വശബ്ദം കൊണ്ട് എന്തിനെടുത്തു പ്രകാശം സ്വവ്യവഹാരം കൊണ്ട് എന്തിനെടുത്തു സ്വശബ്ദം കൊണ്ട് എന്തിനെടുത്തു പ്രകാശം അതോ പ്രകാശം സ്വപ്രകാശം പ്രകാശ്ഞാനം എന്ന് പറയുന്നത് സ്വവ്യവഹാര അതിന്റെ ഹേതു എന്തായി പ്രകാശം സ്വവ്യവഹാരേതു എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകാശത്തെ എടുത്തു ഞാൻ ചോദിച്ചത് ആ സ്വയുടെ സ്ഥാനത്ത് ജ്ഞാനം ഒന്ന് ചേർക്കും എന്ന് പറയുമ്പോൾ അവിടെ പ്രകാശത്തെ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് ഏവഹാരത്തിന് ജ്ഞാനം സ്വശബ്ദം മാറ്റി ജ്ഞാനം ചേർക്കും വഹാരഹേതു പറഞ്ഞാൽ പ്രകാശത്തിന് എടുക്കാൻ പറ്റുമോ വ്യവഹാര ഹേതു എന്ന് പറയുന്നത് കൊണ്ട് പ്രകാശത്തെ എടുക്കാൻ പറ്റുമോ അങ്ങനെ മാത്രം പറഞ്ഞാൽ എടുക്കാം പക്ഷെ അങ്ങനെ എടുക്കാൻ പാടില്ലല്ലോ പറ്റില്ലെങ്കി എന്തുകൊണ്ട് പറ്റത്തില്ല ഏ കേട്ടില്ല ജ്ഞാന വ്യവഹാര ഹേതു എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ എടുക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് പ്രകാശം ജ്ഞാനമല്ല വ്യക്തമല്ലേ ദീപപ്രകാശം എന്ന് പറയുമ്പോൾ ജ്ഞാനമാണോ ആണോ ദീപപ്രകാശം ഞാനാണോ അതിലും സംശയമുണ്ടോ ദീപത്തിന്റെ പ്രകാശം എന്ന് പറയുന്ന ജ്ഞാനമാണോ ആണോ അല്ലേ ഏതെങ്കിലും ഒരു അഭിപ്രായം പറയാം ഏ ദീപ്രകാശത്തിന്റെ ജ്ഞാനം ഉണ്ടാവാം അതിന് ഹേതു ദീപപ്രകാശമാവാം പക്ഷെ ഒരിക്കലും ദീപപ്രകാശം ജ്ഞാനമല്ല ഭൗതികപ്രകാശമാണ് മനസിലായ ദീപപ്രകാശം ജ്ഞാനമല്ല അത് ഭൗതിക പ്രകാശമാണ് അപ്പോൾ സ്വയുടെ സ്ഥാനത്ത് ജ്ഞാനത്തെ ചേർത്ത് കഴിഞ്ഞാൽ സ്വ്യവഹാരഹേതു ജ്ഞാനമാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത് <coughs> <coughs> ം എന്നുള്ള ശബ്ദം വിട്ട് അവിടെ എന്തായി പറയുന്നു അതിന്റെ ഹേതു എന്താണ് ജ്ഞാനത്തിന്റെ വ്യവഹാരത്തിന്റെ ഏതു ജ്ഞാനം തന്നെ പക്ഷേ ദീപജ്ഞാനം അതിനെടുക്കുക ദീപജ്ഞാനത്തെ എടുക്കുക ഇവിടെ ജ്ഞാന വ്യവഹാര ആയിട്ട് ജ്ഞാനത്തെ എടുക്കാൻ പറ്റുമോ എടുക്കാം എടുക്കാം ഏ എടുക്കാൻ പറ്റുമോ അല്ലയെന്ന് ചോദിച്ചാൽ യെസ് ഒറിനോ വേറെ ഏതെങ്കിലും എടുക്കാമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ അതെനിക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ വ്യവഹാരുന്നു സ്വ മാറ്റി ജ്ഞാനം എടുത്തു ഇനി വ്യവഹാര ഹേതു എന്ന് പറയുന്നത് കൊണ്ട് ദീപത്തെ എടുക്കാൻ പറ്റുമെന്നാ ചോദിക്കുന്നു ദീപത്തെ എന്തുകൊണ്ട് പറ്റില്ല ദീപം ഞാൻ അല്ല ദീപജ്ഞാനമല്ല ദീപജ്ഞാനമല്ല സ്വം എന്ന് പറയുന്ന പദം മാറ്റിയിട്ട് ജ്ഞാനശബ്ദം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജ്ഞാന വ്യവഹാര ഹേതുവായിട്ട് എന്തിനെടുക്കാൻ പറ്റൂ ജ്ഞാനത്തെ മാത്രമേ എടുക്കൂ ദീപജ്ഞാനത്തെ നമ്മളെടുത്തന്നിരിക്കട്ടെ വ്യവഹാരമായിട്ട് കാരണം വ്യവഹാരം എന്ന് പറയുന്നത് ഏത് ജ്ഞാനത്തെ എടുക്കാം ദീപജ്ഞാനത്തെ എടുക്കും വഹാരേതു എന്താവും ഏ അതിൻ്റെ കാര്യമല്ലല്ലോ ഞാൻ ചോദിക്കുന്നത് ദീപമാ അതിൻ്റെ ജ്ഞാനം ഉണ്ടായി ഇവിടുത്തെ ജ്ഞാന വ്യവഹാരം എന്താണ് ദീപം ഞാനും അതിന്റെ ഹേതു എന്തായി ദീപം ദീപം ജ്ഞാനമാവുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ജ്ഞാന വ്യവഹാര ഹേതു ഒരിക്കലും ജ്ഞാനമാകത്തില്ല ഇനി ജ്ഞാന വ്യവഹാര ഹേതു ദീപമാവുന്ന എപ്പോ ജ്ഞാനം വിട്ടിട്ട് സ്വപദം ചേർക്കുന്നു ജ്ഞാനമില്ല സ്വപതം മാത്രമെന്തുവരും വ്യവഹാര ഹേതു എന്താവും ദീപം കാരണം അവിടെ ജ്ഞാനം വ്യവഹാരം അങ്ങനെ കൊണ്ട് ദീപജ്ഞാനത്തെ എടുത്തു അതിൻ്റെ ഹേതുവായി ദീപം പക്ഷേ ഇപ്പം ദീപത്തെ അങ്ങ് വിട്ടു ഇനി ജ്ഞാനം എടുത്തു ഞാനും എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്വപതമില്ല ജ്ഞാനം എടുത്തുകൊണ്ട് ജ്ഞാന വ്യവഹാരത്തെ എടുക്കാൻ പറ്റൂ ദീപജ്ഞാനത്തെ എടുക്കാൻ പറ്റില്ല ജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തെ എടുക്കാൻ കഴിയൂ ദീപത്തിൻ്റെ ജ്ഞാനത്തെ എടുക്കാൻ പറ്റില്ല മനസ്സിലായോ സ്വപദത്തെ വിട്ടിട്ട് ജ്ഞാനപദം ചേർത്ത് കഴിഞ്ഞാൽ ജ്ഞാനം വ്യവഹാരം എന്നുള്ളതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തെ എടുക്കാൻ പറ്റും ആ ജ്ഞാനത്തിൻ്റെ ജ്ഞാനം ഏതായിരിക്കും അനുഭവം അതാണ് ജ്ഞാനത്തിൻ്റെ ഞാനം അവിടെ ദീപജ്ഞാനത്തെ എടുക്കാൻ പറ്റുമോ പറ്റില്ല കാരണം ജ്ഞാനം വ്യവഹാരം സ്വപഥം ജ്ഞാനം ചേർത്ത് കഴിഞ്ഞാൽ ജ്ഞാനം വ്യവഹാരം എന്ന് പറയുന്നോണ്ട് ഏത് ജ്ഞാനത്തേരിക്കും കൊടുക്കുന്നത് വ്യവഹാരം ദീപം ഞാന വ്യവഹാരത്തെ എടുക്കാം ജ്ഞാന വ്യവഹാരം എന്ന് മാത്രം പറഞ്ഞ പക്ഷെ ഇവിടെ എന്താ ചെയ്തത് സ്വപഥം മാറ്റിയിട്ട് അവിടെയാണ് ജ്ഞാനം ചേർത്ത് സ്വപദം വെച്ചിട്ടില്ല അത് മാറ്റി ഇപ്പം ജ്ഞാനം വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഏതിനെടുക്കാൻ പറ്റുമോ എടുക്കാൻ കഴിഞ്ഞു സ്വപദം വിട്ടിട്ട് ജ്ഞാനം ചേർത്ത് കഴിഞ്ഞിട്ട് ജ്ഞാനവ്യവഹാരം എന്ന് പറഞ്ഞാൽ ഏതിനെടുക്കത്തൊള്ളൂ ഏ അനു വ്യവസായ അനു വ്യവസായത്തിന് മാത്രം എടുക്കാൻ പറ്റൂ ഇനി ഖേദം എന്ന് പറഞ്ഞാൽ ഏതിനെടുക്കാൻ പറ്റൂ ജ്ഞാനത്തിന് എടുക്കാൻ പറ്റൂ ദീപത്തിനെടുക്കാൻ കഴിയത്തില്ല പറ്റത്തില്ല ഇവിടെ വ്യവഹാരം പറഞ്ഞാലും എടുക്കുന്നുണ്ട് ഏവഹാരം പറഞ്ഞാലേ നേരത്തെ പറഞ്ഞേ ജ്ഞാനം വ്യവഹാരം ജ്ഞാന വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനരൂപ വ്യവഹാരം ഒന്നും പറയാം ജ്ഞാന വ്യവഹാരം എന്നും പറയാം രണ്ട് ജീവിതം പറയാമെന്ന് ആദ്യം പറഞ്ഞണ്ടേ ഏടെ ആ അതിനാണ് ആദ്യം പറഞ്ഞത് ജ്ഞാന വ്യവഹാരം എന്ന് പറയുമ്പം ജ്ഞാനരൂപ വ്യവഹാരം എന്ന് പറയുമ്പോൾ വ്യവസായം ഞാൻ ജ്ഞാനസ്യവഹാരം എന്ന് പറയുമ്പോൾ അനുവ്യവസായം ഞാൻ അപ്പൊ ജ്ഞാന വ്യവഹാരം എന്ന് പറയുമ്പോൾ അനുവ്യവസായത്തെ എടുക്കാൻ പറ്റും അതിന്റെ ഹേതു എന്തായിരിക്കും വ്യവസായ ഒരിക്കലും ദീപത്തെ എടുക്കാൻ കഴിയത്തില്ല കഴിയില്ല പിന്നെ നമ്മൾ ദീപത്തെ എപ്പോഴെടുക്കുന്നു ജ്ഞാന വ്യവഹാരമെന്ന് പറയുന്നത് കൊണ്ട് ജ്ഞാനരൂപ വ്യവഹാരം എന്നെടുത്തിട്ട് അതിന് വ്യവസായ ഞാനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹേതു എന്താവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്വപദത്തിനെ മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്തുപഥം ചേർക്കും അപ്പൊ ജ്ഞാനവ്യവഹാരം എന്ന് പറയുമ്പോഴത്തേക്ക് ജ്ഞാനത്തിന്റെ വ്യവഹാരത്തെ എടുക്കണം ജ്ഞാനത്തിന്റെ വ്യവഹാരം എന്തായി അതിന്റെ ഹേതു പക്ഷെ ജ്ഞാനരൂപ വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വ്യവസായ ജ്ഞാനത്തെ എടുക്കാം അതിൻ്റെ ഹേതുണ്ടാവും വിഷയം വിഷയം എടുക്കും പശപദം വിട്ടിട്ട് ജ്ഞാനപദം ചേർത്തതിന് വേണ്ടിയിട്ടാണ് എന്താണ് അത് വ്യവസായ ജ്ഞാനത്തിൽ ഭരണം അനുഭവത്തിൽ വ്യവസായജ്ഞാനത്തെ എടുത്ത് അനുഭവ വ്യവസായത്തിൽ ഹേതുത്വം വന്ന് ജ്ഞാനം വ്യവഹാര ഹേതുത്വം അനു വ്യവസായത്തിൽ വന്ന് ദോഷം വരണം അങ്ങനെയാണ് ഇവിടെ ദോഷം വരുത്തിയത് ഈ ഇന്ന് ഞാൻ പറഞ്ഞ ഭാഗം മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ വീണ്ടും ആവർത്തിക്കും പക്ഷേ മനസ്സിലാക്കിയിട്ട് വരുന്ന നല്ലത് അങ്ങനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി എല്ലാവരും ഹിന്ദി അറിയാവുന്നവരെല്ലാം ഹിന്ദിയുടെ ക്ലാസ്സും കേൾക്കണം വായിക്കാൻ അറിയാവുന്നവരെല്ലാം ഹിന്ദി വ്യാഖ്യാനവും വായിച്ചു പോകണം അതിനെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കണം രണ്ട് ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്